ോപയഖ്യുധംംഭവ ഓങ്ക ാര ജരിതസ്ഥാനോ ബഹിപ്രജ്ഞ സപ്തോനവിശതിമസ്തുലഭ വൈശ്വാൻ പ്രഥമ പദ ൂതപ്രജനേവനന്ദമയ ോ മുഖപ്രാസ്തൃയുദേശേഷ സൗന്ദരിയാണേഷപോഭ प्रत्ननु लोभेगत प्रत्न सज्ञानग्नमन्न प्रत्न अप्रत्य पदरस्य मियोहारे मोग्राष्टम आलक्षणमतेन विवदे शून्यं कारणप्रतिसारं पदजो वशमनिशां विश्वं अपेयत् चधर्ममन्येन्ते सात्मो सविज्ञेह മാത്രീകർഗമാ ൈജസൗകാരോ ദ്ധ മാത്രുഭവർ വൈ ജനസുന്ദരി സമാനസോധി നമവിഭവതിയം വേദ തുവ്യവഹാര പ്രപഞ്ചോശ ശിവദ്വേദ ആദ്ധൈവത് ആത്മാനം ഇവം വേദ ലക്ഷണൂന്യുഭയം சித்தே ஓதே சிற்ற சைத்தியதே அண்யனீப்ருசி இதிரேதிரகமி ஜீவாதி விஷயவேற்றுகே சித்தம் அனுபவதி சித்தாவேற்றுமே ஜீவாதி திஷ்யம் புறஹதே அண்யனீப்ருசி مولانا പറഞ്ഞது ചിത്തം മറ്റൊന്ന് ചൈത്യം ചിത്തിന്റെ പേരാണ് ചിത്തം ചിത്തിന്റെ വിഷയങ്ങളെല്ലാം ചൈത്യം ചിത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് ചൈത്യം അല്ലെങ്കിൽ ചിത്തിനാൽ അറിയപ്പെടുന്നത് ചൈത്യം ചൈത്യശ്ദത്തിന് വേറെ അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ അതാണ് ചിത്തചൈത്യങ്ങൾ ഇതരേതര ഗമ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അന്യോന്യദൃശ്യമാണ് സാധാരണ ചിത്തത്തെയും ചൈത്യത്തെയും കുറിച്ച് പ്രധാനമായിട്ട് രണ്ട് കാഴ്ചപ്പാടാണ് എല്ലാ തത്വനിന്താകന്മാരും പറയുന്നു ഒന്നെന്താണോ ചൈത്യം അതായത് വിഷയം അതിനെ ആശ്രയിച്ചിട്ട് ചിത്തം പ്രകാശിക്കുന്നു വിഷയത്തെ ആശ്രയിച്ച അറിവുണ്ടാകുന്നു എന്നും പറയാം എന്ന് പറയുമ്പോ എന്താണോ ഇത് പറയുന്നത് അറിവിനെ ആശ്രയിക്കാതെ നിരപേക്ഷമായി തന്നെ വസ്തു നിലനിൽക്കുന്നു അതാണ് ഒരു കാഴ്ചപ്പാട് വസ്തുവിന്റെ നിലനിൽപ്പിന് അത് അറിവിനെ അപേക്ഷിക്കുന്നില്ല അതൊന്നും മറ്റൊന്ന് ആദ്യം പറഞ്ഞാണ് ഭൗതികവാദം ഭൗതികവാദം എന്ന് പറയുന്നതിന്റെ ചുരുക്കതാണ് വസ്തു സ്വതന്ത്രമാണ് അതിന്റെ നിലനിൽപ്പിന് അതിന് അറിവിനെ ആശ്രയിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായി ഭൗതികമായി ചിന്ത മറിച്ച് ആത്മീയവാദത്തിൽ എന്താണ് പറയുന്നത് ചിത്രത്തെ ആശ്രയിച്ച് വസ്തുവഹിക്കുന്നു ചിത്ര സ്വതന്ത്രമാണ് നമ്മളത് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു മൂന്നാമത് പക്ഷം പറയുന്നുകൊണ്ടാണ് അതിന് നമ്മൾ പറയുന്നത് ചിത്ര സ്വതന്ത്രമാണ് വസ്തു സ്വതന്ത്രമല്ല ആ ചിത്രത്തെ ആശ്രയിച്ച വസ്തുവിന് നിലനിൽക്കൊള്ളുകൊണ്ടാണ് അതാണ് സാധാരണ ആത്മീയവാദം പ്രത്യേകിച്ചും അദ്വൈതത്തിനും മറ്റും പറയുന്നു ഇവിടെ ഇത് രണ്ടിൽ നിന്നും വേറിട്ട് മൂന്നാമതൊരു പക്ഷം പറയുകയാണ് അജാതവാദത്തിൽ എന്താണിത് അന്യോന്യം ആശ്രയമാണ് അതാണെന്ന് പറയുന്നത് ജീവാദിവിഷയാപേക്ഷം ഹി ചിത്വം ഇവിടെ ഇന്ന് രണ്ടിനെയും സ്വീകരിക്കുന്നു ഈ രണ്ടിനെയും സ്വീകരിക്കുന്നത് ഈ രണ്ടിനെയും കേവലം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഭൗതിവാദി പറയുന്നത് പോലെ എന്താണോ വസ്തു സ്വതന്ത്രമാണ് അസ്വതന്ത്രമായ വസ്തുവിനെ ആശ്രയിച്ചറിവുണ്ടാകുന്നു അതിന് കൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അറിവ് സ്വതന്ത്രമാണ് അറിവിൻ െ ആശ്രയിച്ച് അറിവിനെ അപേക്ഷിച്ച് വസ്തുക്കൾ നിലനിൽക്കുന്നുള്ളു ഇതിനെ മാത്രം സമ്മർദ്ദിക്കാനുള്ള ഇവിടെ പറയുന്നത് നനത് അന്യൂന്യ ദൃശ്യമാണോ ഉദയൂന്യ ദൃശ്യം അത് ചെയ്ത് പരസ്പരം അപേക്ഷിക്കുന്നുണ്ട് ചിത്രം വിഷയങ്ങളെ അപേക്ഷിക്കുന്നു എന്നും പറയാം വിഷയം ചിത്രത്തെ അപേക്ഷിക്കുന്നു എന്നും പറയാം നമ്മൾ മുമ്പ് പറഞ്ഞ ഭൗതികവാദത്തെയും ആത്മീയവാദത്തെയും രണ്ടിനെയും സ്വീകരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടിനെയും സ്വീകരിക്കുന്നത് യും അടുത്ത് വരുന്ന കാര്യയിൽ പറയും സ്പന്ദനമാണ് അറിവും വസ്തുവും ചിത്തവും ചൈത്യവും രണ്ടും ചിത്തസ്പന്ദനമാണ് ചിത്തിന്റെ സ്പന്ദനമാണ് ഒരേ ചിത്ത് തന്നെ രണ്ടായി സ്പന്ദിക്കുന്നു സ്പന്ദിക്കുന്നു പറഞ്ഞാൽ രണ്ടായി പ്രതീതമുണ്ട് രണ്ടായി അനുഭവപ്പെടുന്നു അറിവായും വസ്തുവായും ഇവിടെ അദ്വൈതത്തെ ബോധിപ്പിക്കുക ഒന്ന് തന്നെ രണ്ടായി അനുഭവപ്പെടുമ്പോ ഈ രണ്ടിനും ഒരു തരത്തിലും ഭേദം വരാൻ പാടില്ല ചിത്രത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തു എന്ന് പറഞ്ഞിതിനെ രണ്ടാക്കാൻ പറ്റില്ല വസ്തുവിൽ നിന്നും വേറിട്ടൊരു ചിത്രം എന്ന് പറഞ്ഞ് അതിനെ രണ്ടാക്കാനൊക്കത്തില്ല ഒന്നിന്റെ തന്നെ പ്രതീതിയാണ് അടുത്തു പറയും തൻമതേനയോ ഗ്രഹിതി ഒരു ചിത്തിൽ തന്നെ സംഭവിച്ചു നമ്മുടെ അനുഭവത്തിൽ അറിവ് അറിവിന്റെ വിഷയങ്ങൾ എന്ന് രണ്ടായി പിരിഞ്ഞാണ് അനുഭവപ്പെടുന്നതെങ്കിലും അത് പരസ്പരം ആശയിച്ചിരിക്കുന്നതാണ് എന്തുകൊണ്ടത് ഒന്നായതുകൊണ്ട് പറയുന്നു ഇത് പുസ്തകം എന്നറിയുന്നു ഇതൊരു അറിവാണ് ഈ അറിവ് പുസ്തകം എന്ന് പറയുന്ന ആ വിഷയഭാഗം വിഷയാംശം ഇല്ലെങ്കിൽ ഈ അറിവില്ല പിന്നെ അങ്ങനെ ഒരു അറിവിനും നിലനിൽപ്പില്ല കാരണം പുസ്തകം എന്ന് പറയുന്നതും അറിവിന്റെ ഒരു ഭാഗമാണ് ഇത് പുസ്തകം എന്ന് നമുക്കൊരു അറിവുണ്ടാകുമ്പോൾ നമുക്കതിൽ നിന്നും ആ പുസ്തകത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പുസ്തകത്തെ ഒഴിവാക്കിയിട്ട് അറിവിനെ മാത്രം എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അറിവിനും നിലനിൽക്കില്ല അതുപോലെ തന്നെ അതിൽ നിന്ന് അറിവിനെ മാറ്റി പുസ്തകത്തെ മാത്രം നിർത്താനും നമുക്ക് പറ്റുന്നില്ല ഇത് പുസ്തകമാണെന്നുള്ള അറിവിൽ നിന്ന് നമ്മൾ അറിവിനെ അങ്ങ് മാറ്റുക അത് കഴിയത്തില്ല എന്നിട്ട് കേവലം പുസ്തകത്തെ എടുക്കുകയില്ല കാരണം പുസ്തകത്തിന് അറിവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും അപ്പോഴേ അറിവുള്ളൂ ഇല്ലെങ്കിൽ അറിവില്ല അപ്പോ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിവിനെ മാറ്റാൻ പറ്റുന്നില്ല അറിവിൽ നിന്ന് പുസ്തകത്തെയും മാറ്റാൻ പറ്റുന്നില്ല അത് നമുക്ക് പരസ്പര ആശ്രിതമായിട്ടാണ് അനുഭവപ്പെടുന്നത് പറയുന്നത് അന്യോന്യദൃശ്യെ ഒന്നും മറ്റൊന്നിനെ അപേക്ഷിച്ച് നിൽക്കുന്നു ഇതിൽ നിന്ന് ഏതിനെയും മാറ്റുന്നത് ഒന്നിനെയും മാറ്റാൻ കഴിയുന്നില്ല മാറ്റിയാൽ രണ്ടും മാറിപ്പോകും നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കണ്ടേ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിഷയം പോവും അറിവും പോവും കാരണം ഇത് പുസ്തകം എന്നറിയുന്നു അതുകഴിഞ്ഞടുത്തറിയുന്നു ഇത് പേന അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പുസ്തകവും ആ പുസ്തകം സംബന്ധിച്ചുള്ള അറിവും മാറി പറയുന്നു എനിക്ക് പുതിയൊരറിവുണ്ടായി മറ്റൊരറിവുണ്ടായി വീണ്ടും മറ്റൊന്നും വന്നു എങ്ങനെ അതും പരസ്പര ആശ്രിതമായിട്ടാണ് പേന എന്ന് പറയുന്ന വസ്തുവിനെ ആശ്രയിച്ച അറിവ് അറിവിൽ നിന്നും മാറ്റാൻ വയ്യാത്ത രീതിയിൽ പേനയും വിഷയവും ഇതാണ് സർവ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ അറിവുകളുടെയും സാമാന്യമായ നില ഇതാണ് ഒരു സ്ഥലത്ത് ഇതിനും നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നില്ല ഇതിനെ മാറ്റാൻ ശ്രമിച്ചാലോ ഒന്നിനായിട്ട് മാറ്റാൻ പറ്റത്തില്ല രണ്ടും പോകും അങ്ങനെ ഓരോന്നിനായിട്ട് മാറ്റി കഴിഞ്ഞാലോ അത് സംശുതിയായി അവിടെ ഇങ്ങനൊരറിവേ നിലനിക്ക് തന്നില്ല ജാഗ്രതത്തിലായാലും ശരി സ്വപ്നത്തിലായാലും ശരി ഒരറിവ് ഉണ്ടോ അറിവിനോട് ചേർന്ന് വിഷയവും വരും ഒരു വിഷയമുണ്ടോ ആ വിഷയത്തെ പ്രവാസിപ്പിക്കുന്ന അറിവും വരും അപ്പോ ഇത് അന്യോന്യത്തിൽ ശ്രയമാണ് ഇതരേതര ഗമ്യമാണ് ഒന്നിനെ ആശ്രയിച്ചേ മറ്റൊന്ന് പ്രകാശിക്കുന്നുള്ളു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് ഇതരേതിര ഗമ്യം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നവുമാണ് പുസ്തകം അറിവിനെ പ്രകാശിപ്പിക്കുന്നു നമ്മൾ സാധാരണ തിരിച്ചിരിക്കുന്ന എന്താണ് അറിവ് പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ഇവിടെ പറയുന്നത് അത് പൂർണമായും ശരിയാണ് അത് ശരിയാണോ അതൊരു ഭാഗികമായ കാര്യമാണ് അറിവ് പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു പക്ഷെ മറിച്ച് പറയുന്നത് ശരിയാണ് എന്താണ് പുസ്തകം അറിവിനെ പ്രകാശിപ്പിക്കുന്നു കാരണം ഇത് പുസ്തകമെന്നറിയുമ്പോൾ ആ പുസ്തകത്തെ വിട്ടിട്ട് അറിവിന് നിക്കാൻ വയ്യ അറിവിന് തനിയെ പ്രകാശിക്കാൻ വയ്യ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ല ഏതറിവ് ആയാലും ശരി അവിടെ ഇനി ഒരു വിഷയത്തെക്കുറിച്ച് സ്പഷ്ടമായി ബോധമുണ്ടായിരുന്നെങ്കിൽ ഇതം തത് അങ്ങനെ അനുഭവം ഉണ്ടാവും ഇത് അത് ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തിന്റെ സ്ഫുരണം അറിവിലുണ്ടായിരിക്കും അപ്പോ വിഷയത്തെ ആശ്രയിച്ചാണ് അറിവ് പ്രകാശിക്കുന്നത് അറിവിനെ ആശ്രയിച്ചാണ് വിഷയം പ്രകാശിക്കുന്നതെന്ന് രണ്ട് പറയുന്നതും ഇവിടെ തുല്യമാണ് അതാണ് ഇവിടെ പറയുന്ന അന്യോന്യദൃശ്യയെ നമ്മൾ സാധാരണ കരുതിയിരിക്കുന്നത് പോലെ അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് വിഷയം അറിവിനേയും പ്രകാശിപ്പിക്കുന്നുണ്ട് അതല്ലൂടെ പ്രത്യേകമായി പറയുന്ന കാര്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഇതിൽ ഒരു തരത്തിലുള്ള ഒരു അഭേദത്വമുണ്ട് ഏകത്വമുണ്ട് എന്താണ് ഏകത്വം എന്ന് പറയുന്നത് ആണ് നൊവ് പറഞ്ഞത് ഒരേ ഒരു ചിത്തിന്റെ പരിണാമമാണിത് രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്താണ് ആ ചിത്തത്തെ അടുത്ത് പറയും എന്താണ് അത് അസംഗനാണ് അത് തുരിയനാണ് എന്നി പറയും അപ്പോൾ തുരിയനാകുന്ന ആ ചിത്തിൽ നിലനിൽക്കുന്നതാണിത് രണ്ടും എന്താണ് ഈ അറിവും വിഷയവും ഒരു ജലത്തിലെ രണ്ട് തരംഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒരു ജലത്തിലുണ്ടാകുന്ന രണ്ട് കുമളകളെ പോലെ അതുപോലെ നിൽക്കുന്നു ഉദാഹരണം പറയുന്ന എന്താണിത് രണ്ടും ഒന്നിന്റെ തന്നെയാണ് ഒന്നിന്റെ തന്നെ പരിണാമമാണ് ആ പരിണാമത്തിന് ഉദാഹരണം പറയുന്ന ഒരു ജലത്തിലുണ്ടാകുന്ന രണ്ട് തരംഗങ്ങൾ ഒരു ജലത്തിന്റെ പരിണാമമാണ് അത് രണ്ടായും നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിലും വാസ്തു ചിലവ് ഒന്നു തന്നെ ഒരു ജലത്തിൽ രണ്ട് കുമളകൾ ഉണ്ടായാൽ നമുക്ക് ആ രണ്ടിലും രണ്ട് ഭാവം തോന്നും ഒന്നിൽ നിന്നും മറ്റൊന്നും വേറെയാണെന്ന് തോന്നും പക്ഷെ ജലം എന്നുള്ളതൊക്കെ അത് ഒന്നുതന്നെ അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഒരേ ചിത്തിന്റെ തന്നെ പരിണാമമാണ് പരിണാമം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതീതി ആണ് ഈ ചിത്തവും ചൈത്യവും അനുഭവവും വിഷയവും അതുകൊണ്ട് ഇവിടെ ഈ ഭൗതികവാദവും ആത്മീയവാദവും രണ്ടു ശരി രണ്ടുപേർ പറയുന്നതും ഒരു കാര്യം തന്നെയാണ് അന്യോന്യദൃശ്യങ്ങളാണ് െന്തായി ഫലത്തിൽ അദ്വൈതം സ്ഥാപിക്കുന്നു കാരണം ഒരു ജലത്തിലാണോ അനേക തരംഗങ്ങൾ ഉണ്ടാകുന്നത് അനേക കുമളകൾ ഉണ്ടാകുന്നത് ഫലത്തിൽ അത് ഒരു ജലം തന്നെയെങ്കിൽ അതാണ് അദ്വൈതം ഇവിടെ ഇത് അന്യോന്യ സാപേക്ഷം എന്ന് പറയുന്ന എന്തിനാണ് നമ്മൾ ധരിക്കുന്നതുപോലെ ഇത് സ്വതന്ത്രമായി ഉണ്ടായി നശിക്കുന്നവയല്ല ഈ പറയുന്ന അറിവും ഈ പറയുന്ന വിഷയവും രണ്ടിലും നമ്മൾ ഉത്പത്തി നാശങ്ങൾ അനുഭവിക്കുന്നുണ്ട് അറിവിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുന്നത് എനിക്ക് മുമ്പ് ഒരറിവുണ്ടായി നശിച്ചുപോയി എനിക്കറിവില്ല എനിക്കിനി അറിവുണ്ടാകേണ്ടതുണ്ട് അപ്പൊ അറിവിന്റെ ഉത്പത്തി നാശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അറിഞ്ഞത് നഷ്ടപ്പെട്ടുപോയി അറിവ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അറിവിനെ ആർജിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു എന്നിട്ട് പറയുന്ന എനിക്ക് അറിവുണ്ടായി അതുപോലെ തന്നെ ബാഹ്യമായ വിഷയങ്ങൾ ഈ അറിവിനെ ആശ്രയിക്കാതെ തന്നെ വിഷയങ്ങളുടെ ഉത്പത്തി നാശങ്ങൾ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഉത്പത്തി നാശങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് അറിവിനെ അപേക്ഷിക്കാതെ വസ്തുവിൽ പരിണാമങ്ങൾ അനുഭവപ്പെടുന്നു അതിന്റെ സ്ഥിതിയും വളർച്ചയും പരിണാമവും ക്ഷയവും നാശവും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ അറിവിന് സംഭവിക്കുന്നു അറിവിടും നമ്മളിതൊക്കെ അനുഭവിക്കുന്നു ക്ഷീണിച്ചറിവ് ദൃഢമായ അറിവ് ഇങ്ങനെ അറിവിലും ണാമങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഇത് ജലത്തിൽ അനുഭവപ്പെടുന്ന തരംഗങ്ങളെപ്പോലെയാണ് എന്താണ് അത് ജലത്തിൽ നിന്ന് വേറെയല്ല ജലം മാത്രമാണ് അതുപോലെ അറിവിലും വിഷയത്തിലും ചിത്തത്തിലും ചൈത്യത്തിലും അനുഭവപ്പെടുന്ന ഈ പ്രണാമങ്ങൾ അത് ഒന്നുമല്ല കേവലം ചിത്തം മാത്രമാണ് മറ്റുള്ളതെല്ലാം കേവലമായ പ്രതീതി അസത്യപ്രതീതിയാണ് അതുകൊണ്ട് ചിത്തമല്ലാതെ മറ്റൊന്നുമല്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് അന്യോന്യ ദൃശ്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും തന്നെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ആ പുസ്തകം പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് അറിവിന് വിഷയമായിരിക്കുന്ന പുസ്തകം അറിവ് പ്രകാശിപ്പിക്കുന്ന പുസ്തകം പുസ്തകത്തിലൂടെ പ്രകാശിക്കുന്ന അറിവ് ഇങ്ങനെയെല്ലാം നമ്മൾ വ്യവഹരിക്കുന്ന ഇതൊന്നും പരമാർത്ഥത്തിന് നിലനിൽക്കുന്നതല്ല സുഷുപ്തിൽ ഇതൊന്നും നിലനിൽക്കുന്നുണ്ടല്ലോ അവിടെ കേവലം സിത്ത് മാത്രം നിലനിൽക്കുന്നു അതാണ് തസ്മ എന്ന പിഞ്ചു തസ്തീതി ചോച്ചതേ എന്ന ഉപേക്ഷ അന്യോന്യദൃശ്യ ി എന്നുവച്ചത് അതൊരു ചോദ്യ ഉത്തരവുമാണ് അത് പരസ്പര സാപേക്ഷമാണെങ്കിൽ കിം തദ് അങ്ങനെയാണെങ്കിൽ അനുഭവങ്ങൾ ഈ കാണുന്ന അറിവും വിഷയങ്ങളും കിം തദ് അസ്ഥി അതുണ്ടോ എന്നാണ് ചോദ്യം എന്നാ സമാനം പറയുന്നു അതാണ് തസ്മ കിഞ്ചിത് അസ് ചോദിച്ചത് ചിത്തം വീക്ഷണീയം തീയറി പ്രകാശിക്കുന്ന വെറിൽ അനുഭവപ്പെടുന്ന ഈ വസ്തുക്കൾ വസ് അതുണ്ടോ എന്നാണ് ഉണ്ടോ എന്ന് എന്തിന് ചോദിക്കണം ഉണ്ടല്ലോ ഉള്ളതുകൊണ്ടാണല്ലോ അത് അനുഭവപ്പെടുന്നത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനെ സംബന്ധിച്ച് കിൻ തദസ്തി എന്താണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വിവരത്തില്ലല്ലോ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നു വീണ്ടും ചോദ്യം എന്താ അപ്പൊ ചോദ്യം എങ്ങനെ പ്രസക്തമാവും കൊണ്ടുപറയുന്നു വിവേകിനെച്ചത് ശരിയാണ് നിങ്ങളുടെ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടില്ല പറയുന്നു അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അനുഭവത്തെ നിഷേധിക്കുന്നില്ല അനുഭവത്തെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ എന്താണോ ന എന്ന് പറയണം നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നത് അതാണ് അതാണ് അനുഭവത്തിന്റെ നിഷേധം മറിച്ച് അനുഭവം സത്യമല്ലാന്ന് പറയുന്നതല്ല അനുഭവം സത്യമല്ല എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിന്റെ നിഷേധമാകത്തില്ല അനുഭവത്തിന്റെ നിഷേധം എന്താണ് അനുഭവിക്കുന്നില്ല എന്ന് പറയും അങ്ങനെ ഒരിടത്തും പറയുന്നില്ല അദ്വൈതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നില്ല മറിച്ച് അനുഭവം സത്യമല്ല എന്നാ പറയുന്നത് എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പറയുന്നത് അത് അനുഭവിക്കുന്നില്ല അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ എന്തായിരിക്കും പ്രപഞ്ചം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പറയുന്നു പ്രപഞ്ചം ഇല്ല പറഞ്ഞാൽ എന്റെ അടുത്ത് അനുഭവിക്കുന്നില്ല എന്നാണ് അത് അസംബന്ധമാണോ അദ്വൈതമല്ല മറിച്ച് എന്താണോ നിങ്ങളുടെ അനുഭവം സത്യമല്ലെന്നേ പറയുന്നുള്ളൂ രണ്ടും തമ്മിലുള്ള അത് സാറിന് ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല ഏത് മൂർഖനും പറയാം എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുവെച്ചാൽ പ്രപഞ്ചം വിധിയാണ് പ്രപഞ്ചമില്ലാത്തതാണ് അത് ഏത് മൂർഖനും പറയാൻ കഴിയും പക്ഷെ അദ്വൈതിക്ക് അത് പറയാൻ കഴിയത്തില്ല വിവേകിന ഇവിടെ എന്താണോ വിവേകി പറയുന്ന കാര്യമാണ് പറയുന്നത് വിവേകിയ പ്രതീതിയെ നിഷേധിക്കുകയല്ല മറിച്ച് എന്താണോ ആ പ്രതീതി പരമാർത്ഥമല്ല എന്നാണ് പറയുന്നത് ആ പ്രതീതി വാസ്തവത്തിൽ നിഷേധിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് എങ്ങനെയാണോ ഈ പ്രതീതി ഇങ്ങനെ പ്രകടമാകുന്നത് അത് ആരും കൃത്രിമമായി സഹജമായി പ്രതീതമാകുന്നതാണ് ഇത് സഹജമായി തന്നെ ഇല്ലാതാകുകയും ചെയ്യും അതിന് അദ്വൈതത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇതിനെ നിഷേധിക്കുന്നതിന് അദ്വൈതം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല സഹജമായി ഇല്ലാതാക്കുന്നു സുഷൃപ്തിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് സഹജമായി ഉണ്ടായിരുന്നു അതിനദ്വൈതമായിട്ടൊരു ബന്ധമുണ്ട് അതിനെ നിഷേധിക്കേണ്ട ആവശ്യവും സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ ആരും എന്തിനും നിഷേധിക്കുന്നുണ്ടതല്ല വിവേകിയുടെ അഭിപ്രായം അതല്ല വിവേകി ീ അറിവവും വിഷയവും പരസ്പരാശ്രിതമായി ഇങ്ങനെ പ്രതീതമായിക്കൊണ്ടിരിക്കുന്നത് ഒരു ചിത്തിലാണ് ആ ചിത്തിന്റെ നാനാത്വ പ്രതീതിയാണ് ഈ പ്രതീതി ഇത് പരമാർത്ഥമല്ല പരമാർത്ഥമായിരുന്നെങ്കിൽ മൂന്നു കാലത്തിനും ഇത് ബാധിക്കാതെ സർവ്വദേശത്തിലും ഇതൊരുപോലെ അനുഭവപ്പെട്ടില്ലേ അത് അങ്ങനെയല്ല ഇതിവിടെയുണ്ട് സ്വപ്നത്തിലേക്ക് മൂവ് ചെയ്തത് പൂർണമായി മാറിപ്പോകുന്നു സുഷപ്തയിലാണെങ്കിലും ഇതൊന്നുമില്ല അവിടെ കേവലം ചിത്ത് മാത്രമായി നിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്ന അദ്വീതമെന്ന് പറയുന്നത് വിവേകിയുടെ അതീതമാണ് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ പരസ്പര ആശ്രിതത്തെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാം കേട്ടിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ സംശയം അത് പരിഹരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന പരിഗണന നൽകണമെന്ന് സംശയങ്ങൾ അപ്പോ കഴിഞ്ഞ ക്ലാസുകൾ ഒന്നും കേട്ടിട്ടില്ലാത്തയാളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴി കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതാണ് അതിന് മെനക്കെടാൻ വയ്യ എന്നെ മെനക്കെടുത്താന്നുള്ളതാണ് അതങ്ങനെ ശരിയാകും കാരണം സംശയത്തിനെന്താ കാരണമെന്നുള്ളത് സംശയം ചോദിക്കുന്ന ആളുകൾ എന്നെ വളരെ വ്യക്തമാണ് എന്താണ് കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കാത്തതാണ് സംശയം എന്ന് ചോദ്യകർത്താവെ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസുകൾ ഞാൻ കേട്ടില്ല അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് എന്നാൽ സംശയം പരിഹരിക്കേണ്ട എങ്ങനെയാ ന്യായമായിട്ടും നാട്ടുനടപ്പനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുക അതാണ് അതിന്റെ ഏറ്റവും നല്ല പരിഹാര മാർഗം ഇനി ഈ സംശയങ്ങളെല്ലാം നിവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചെന്ന് വിചാരിക്കട്ടെ വിചാരിച്ച് എന്ത് ചെയ്യേണ്ടി വരും ഈ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഞാൻ പറയേണ്ടി വരും അത് ഈ ക്ലാസ്സിൽ നടക്കുന്ന കാര്യമാണോ കാരണം ഈ സംശയങ്ങൾ പരിഹരിക്കുന്നുള്ള ഒരേ ഒരുപായും കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കുക കേൾക്കാതെ ഈ സംശയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ എനിക്കൊന്നേ ചെയ്യാൻ പറ്റുമെന്നാണ് കഴിഞ്ഞ ക്ലാസുകൾ ആവർത്തിക്കുക അവർ രണ്ട് തരാറുണ്ട് അവർ ഒന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ എന്താണെന്ന് എനിക്ക് യാതൊരു ഓർമ്മയില്ല ഞാനിതൊന്ന് ഓർമ്മിച്ച് വയ്ക്കാറും കൊണ്ടു നടക്കാറുമില്ല അതൊരു പ്രശ്നം രണ്ടാമത് ഇനി കഴിഞ്ഞ ക്ലാസ്സുകൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അതുതന്നെ ആയിക്കൊള്ളണമെന്നില്ല അന്ന് പറഞ്ഞതായിരിക്കില്ല ഇനി പറയുന്നു ആകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇതെങ്ങനെ പരിഹരിക്കും അപ്പോൾ ഈ സംശയങ്ങൾ പരിഹരിക്കുന്നത് പൂർണമായ ഉത്തരവാദിത്വം എനിക്കെല്ലാം ചോദ്യകർത്താവിനാണ് കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കുക സമയമെടുത്ത് എല്ലാം ഇവിടെ ഡി വി ഡിയിലുണ്ട് അപ്പോൾ ഡിവി ഡിയോട് ചോദിക്കുക എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അത് പറഞ്ഞുതരുത് എന്നാൽ ഈ ചോദ്യം ചോദിച്ച സ്ഥിതി പറയണമല്ലോ ഒന്ന് അദ്വൈത ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണ് സംശയമാണെന്ന് വെച്ചാൽ അദ്വൈത ശാസ്ത്രത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ ഇല്ലാന്ന് സംശയമുണ്ടെങ്കിൽ ഇത് കേൾക്കണ്ടെന്ന എന്റെ അഭിപ്രായം ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇനി ഉണ്ടെന്നാണെങ്കിൽ ഇതിനെന്തോ പ്രയോജനം ഉണ്ടെന്ന് അറിയാം അറിയാതെയുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നു അതെ ഇതൊരു സംശയമാണോ സംശയമോ എന്ന് പറയുന്നത് എന്താണ് ഉഭയകോടിഞ്ഞാണ് സംശയത്തിന് രണ്ടു തലം കാണും സ്ഥാണുർവ പുരുഷോർവ ഇത് സ്ഥാണുവാണോ പുരുഷനാണോ അങ്ങനെയല്ലാതെ സംശയം വരത്തില്ല സംശയം ചോദിച്ചാണ് പ്രയോജനം ഇല്ല എന്നാണെങ്കിൽ പിന്നെ അദ്വൈത ശാസ്ത്രം കേൾക്കേണ്ട കാര്യമേ ഇല്ല ഉണ്ടെന്നാണെങ്കിൽ എന്താണ് പ്രയോജനം എന്നുള്ള അറിയാൻ അറിഞ്ഞുകൊണ്ടാ ചോദിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്തിനാ മറുപടി പറയുന്നു അറിയേണ്ട കാര്യവുമില്ല അപ്പൊ അദ്വൈത ശാസ്ത്രജ്ഞന്റെ പ്രയോജനം എന്താണെന്ന് ചോദ്യം ചോദിച്ചാൽ വ്യക്തമായും അറിയാം എന്നാലും വീണ്ടും ചോദിക്കണം എന്തിനാണ് എന്നെ കൊണ്ടിത് വീണ്ടും പറയിക്കാമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അന്ത ശാസ്ത്രത്തിന്റെ പ്രയോജനം എല്ലാവർക്കും അറിയാം അതി എനിക്കൊന്നും അറിയത്തില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേകം പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ എനിക്കും എന്താണ് ഇതിന്റെയൊക്കെ പ്രയോജനം അത് തന്നെയാണ് ഇതിന്റെ പ്രയോജനം അപ്പൊ ഞാനിനി പറയേണ്ട കാര്യം അറിയപ്പെടുന്ന നാമരൂപങ്ങളെ കൂടാതെ അറിവിന് ബോധസ്വരൂപമായ ആത്മാവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ലെങ്കിൽ സുഖദുഃഖാദി ദുന്ദങ്ങൾ സത്യമല്ലെങ്കിലും അനവരതം തുറന്നുകൊണ്ടേയിരിക്കുന്നതാണെന്ന് വരുമെന്നു നാമരൂപങ്ങളെ കൂടാതെ അറിവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല ഇത് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇത് ഒരു പക്ഷം അതല്ല നമ്മൾ അതിനൊരു പക്ഷമായിട്ടേ നമ്മൾ എടുക്കുന്നുള്ളു നാമരൂപങ്ങളെ കൂടാതെ അറിവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല ഇതൊരു പക്ഷം അറിവിനെ ആശ്രയിക്കാതെ നാമരൂപങ്ങൾക്ക് നിലനിൽപ്പില്ല ഇത് മറ്റൊരു പക്ഷം നമ്മളിത് രണ്ടിനെയും പരാമർശിച്ചുകൊണ്ട് മൂന്നാമതൊരു പക്ഷമാണ് ചർച്ച ചെയ്യുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞു എന്താണ് അന്യോന്യദൃശ്യെ അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്പഷ്ടമാകാത്തതുകൊണ്ടാണ് ഈ ചോദ്യം അത് ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ഭൌതികമായ ദൃഷ്ടി എന്താണ് ആധ്യാത്മിക ദൃഷ്ടി എന്ന് സാധാരണ പറഞ്ഞു വരുന്നത് എന്താണ് ഇവിടെ അജാതത്തിൽ പറയുന്നത് അതിലെ ഒരു ഭാഗം മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടു ഭാഗവും വിട്ടുകളൂ അപ്പൊ നമ്മൾ ചർച്ച ചെയ്തതിൽ ഒരു ഭാഗം മാത്രം ഇവിടെ തിരിച്ചോദിക്കുകയാണ് ബാക്കി രണ്ട് ഭാഗം കൂടി ചേർക്കണം എന്നോടുകൂടി അതിനും ഇനിയുള്ള ഒരേ ഒരു വഴിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേട്ടു നോക്കുക എന്താണ് പറഞ്ഞത് കാഴ്ചപ്പാടുകളെ പറഞ്ഞിട്ട് മൂന്നാമത് ഇവിടെ അജാതവാദത്തിൽ എന്താണോ പറയുന്നത് മൂന്നാമതൊരു പക്ഷെ എന്തിനു വേണ്ടി പറയും അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിനു വേണ്ടി പറയുന്നു എന്താണോ ഇത് രണ്ടും എന്താണോ അറിവിനെ ആശ്രയിച്ച് പദാർത്ഥം നിൽക്കുന്നു പദാർത്ഥത്തെ ആശ്രയിച്ച് അറിവ് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതിനു രണ്ടിനും ആധാരമായിരിക്കുന്ന ഒരു ചിത്ത് അതിനു വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു ശരിയാണെന്താണ് നാമരൂപങ്ങളെ കൂടാതെ അറിവിന് നിലനിൽപ്പില്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാണ് അതൊരു പക്ഷമായി പറഞ്ഞു മറിച്ചും പറഞ്ഞു മൂന്നാമത്തെ പക്ഷവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചോദ്യം അതൊന്നുകൂടി ശ്രദ്ധിക്കുക ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ഇവിടെ നിർത്താൻ പാടില്ല എന്താണോ അറിവിനെ വിട്ട് പദാർത്ഥത്തിന് സ്വതന്ത്രമായ സത്യമുണ്ട് പദാർത്ഥത്തെ വിട്ടിട്ട് അറിവിന് സ്വതന്ത്രമായ സത്യമുണ്ട് ഈ രണ്ടിൽ നിൽക്കാൻ പാടുള്ള മൂന്നാമത്തിലേക്ക് പോകും ഈ അറിവും പദാർത്ഥവും എവിടെ പ്രതീതമാകുന്നു മാറുന്ന അറിവും മാറുന്ന പദാർത്ഥങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു അവിടെ എത്തിച്ചേർത്തു അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പാണി ചോദ്യം വന്നു അവിടെ എത്തിച്ചേരുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ കാണും അതുകൊണ്ട് സുതുക്കാതി ദുന്ദങ്ങൾ സത്യമല്ലെങ്കിലും അനവരതം തുറന്നുകൊണ്ടേയിരിക്കുന്നതാണ് അത് ശരിയാണ് സുദുഃഖാദി ദുന്ദങ്ങളൊന്നും ദുന്ദങ്ങൾ മാത്രമല്ല സൌദുഖാദി വിഷയങ്ങളും സൌദുഖാദി വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും അനുഭവങ്ങളും അനുഭവങ്ങളുടെ വിഷയങ്ങളും സത്യമല്ലെങ്കിലും നിരന്തരം തുറന്നുകൊണ്ടേയിരിക്കുന്നു സത്യം തന്നെയാണ് ഇത് തുറന്നുകൊണ്ടേ ഇത് തുറന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും എല്ലാം ജാഗ്രത്തിന് സ്വപ്നത്തിന് ഇത് തുറന്നുകൊണ്ടേയിരിക്കും സുശക്തി തുടരത്തില്ല തുടരുന്നു എന്ന് പറഞ്ഞു ഇത് ശം കൊണ്ട് പരിമിതപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അതിന് ജാഗ്രത സ്വപ്നങ്ങളിത് തുടരും സുഷുദ്ധി തുടരത്തില്ല മൂർച്ചയിൽ തുടരത്തില്ല സമാധിയിലില്ല അങ്ങനെയുള്ള ചില അവസ്ഥകൾ ഒഴിച്ച് ഇത് തുറന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരുപക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും തുറന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതത്തിന്റെ പ്രയോജനമായ മോക്ഷം അതെന്താണെന്നാണ് ഇതിൽ നിന്നുള്ള മോചനം സാധ്യമാകുമോ എന്നാണ് നിരവധി തവണ ഗീതയിൽ ചിതപ്രജ്ഞ ലക്ഷണത്തിനും മറ്റും വളരെ വിശദമായി ചർച്ച ചെയ്താണ് ഈ ബാഹ്യമായി ചിത്തത്തിന്റെ തലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സുതൃത്വങ്ങൾ അവയുടെ അനുഭവങ്ങൾ അത് സ്ഥിതപ്രജ്ഞനെ എങ്ങനെ ബാധിക്കുന്നു ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ലക്ഷണം ഒരേ കൂടി മനനം ചെയ്യുക അവിടെ ഇതിന്റെ സമാധാനമുണ്ട് ഇതെല്ലാം മുക്തിയെ ബാധിക്കുന്നുണ്ടോ ഇതെല്ലാം ആത്മാവിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് സുഖദുഃഖ ദ്വന്വങ്ങൾ ഉണ്ടോ അത് പ്രതീതമാകുന്നുണ്ടോ പ്രതീതമാകുന്നില്ലയോ പ്രതീതമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരാൾ മുക്തമാകുമെന്നുള്ള ധാരണയിലാണ് ഈ ചോദ്യം സുഖദുഃഖങ്ങൾ അനുഭവപ്പെട്ടില്ലെങ്കിൽ അയാൾ മുക്തനാകും എന്നുള്ള ധാരണയിലാണ് അങ്ങനെ നമ്മളെല്ലാം മുക്തന്മാരായി കഴിഞ്ഞ ഇതിനകം എന്തുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവപ്പെടാത്ത ഒരവസ്ഥ ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുക്തരാകുന്നത് അതുകൊണ്ട് സുഖദുഃഖാദികൾ നിലനിൽക്കുന്നതാണ് മുക്തിക്ക് തടസ്സം അത് അവസാനിക്കുന്നതാണ് മുക്തി എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് സമാധാനം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് പ്രതീതമാകുന്ന അല്ലെങ്കിൽ പ്രതീതമാകുന്നില്ലേ അതൊന്നും മുക്തിയെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല അതും ചർച്ച ചെയ്ത കാര്യമാണ് സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നതാണെന്നുള്ള അറിവ് ഏതൊരാജ്ഞനും ഉണ്ടല്ലോ അതിന് ശാസ്ത്രം വേണോ സുഖദുഃഖാദികളുടെ അറിവിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല അത് അജ്ഞനും മാത്രമല്ല വിജ്ഞനും ഒരുപോലെ തന്നെ പണ്ഡിതനും പാപനും എല്ലാം ശുതുക്കാതെ അനുഭവം ഒരുപോലെ തന്നെയാണ് ഓ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ കുറച്ചു കാലമായിട്ട് വിവാദങ്ങളിൽ നിന്ന് മാഡുപ്യത്തിൽ ശേഷം ഒഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും തന്നെ അതെ കൊണ്ട് ചാടിക്കാനുള്ള പരിപാടിയാണ് മാണ്ഡൂക്യത്തിൽ വിവാദത്തിനൊന്നുമുള്ള അവസരമില്ല മലപ്പൂർവ്വം ഒഴിഞ്ഞിരിക്കുന്ന അവസരം കിട്ടിയാൽ ഞാൻ വിടുന്നയാളല്ല പക്ഷെ ഒരവസരം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനൊന്നും മാറിയിക്കാനും ഇവിടെ വേറെ ചോദ്യം വന്നിരിക്കും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യമാണ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാനും പറ്റത്തില്ല ഹരി ശ്രീഗണപതേ നമ എന്നെഴുതുന്നതിൽ ഹരിശബ്ദത്തിന് വിസർഗം വേണോ വേണ്ടയോ എന്നാണ് ഇപ്പൊ ഇതിനൊരു സമാധാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി പ്രശ്നം തീരുമാനിച്ചിട്ട് ഞാൻ പറയാം എന്റെ സമാധാനം അവസാനത്തേ ആകുമോ അതെന്തായാലും ആകത്തില്ല കാരണം ഇത് ഇന്നലെയും ഇന്നൊന്നും തുടങ്ങിയ തർക്കങ്ങളല്ല ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടായി വരും വീണ്ടും അങ്ങ് നിൽക്കും വീണ്ടും തുടങ്ങും വീണ്ടും നിൽക്കും സൃഷ്ടിപ്രളയങ്ങളെപ്പോലെയാണ് ഇത് അനാധികാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കമാണ് ഇന്ന് ഒരുപാട് പേര് സമാധാനം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലും വിവാദങ്ങൾ വേണം നമ്മുടെ മനസ്സിനെ ഒന്ന് അലർട്ടാക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ ഒരു കാര്യം അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മലയാളം മലയാളികൾ എഴുതി പഠിക്കുമ്പോൾ ആദ്യം എഴുതിക്കുന്നതാണ് കൂടിയിരിക്കുന്ന മറ്റു ഭാഷക്കാർക്ക് ഇതെന്താണെന്ന് കുടികിട്ടത്തുമല്ല എന്താ ഈ ചോദിക്കുന്നതെന്ന് പോലും കുടികിട്ടത്തില്ല മലയാളികൾക്ക് മാത്രമുള്ള ഒരു സമ്പ്രദായമാണ് ഇത് Every person is born and born. The man who is born and born, is the same as Sanskrit. The man who is born and born and born. The man who is born and born and born and born. There is a Sanskrit, Tamil, Urdu, Parsi, Arab, ഇംഗ്ലീഷ് ഉണ്ടിപ്പോ ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന സാധനമാണ് നമ്മൾ ഇന്നത്തെ മലയാളം അപ്പോ ഇവിടെ ഈ ചോദ്യം ഉദ്ദേശിത് സംശയം ഉന്നയിക്കുന്ന ആൾക്കാർ ഇത് ശുദ്ധ സംസ്കൃതമായിരിക്കണോ എന്നുള്ള നിലയ്ക്കാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് സംസ്കൃതമായിരിക്കണോന്നും നിർബന്ധമൊന്നുമില്ല കാരണം ഇവിടെ എഴുതി പഠിപ്പിക്കുന്ന മലയാളമാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ട ഇപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഒരിടത്ത് ശുദ്ധ സംസ്കൃതമല്ല മലയാളത്തിൽ സംസ്കൃത ഭാഷയിൽ ഒരുപാട് അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അപശബ്ദം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ശബ്ദങ്ങൾ ഇപ്പൊ മാണ്ഡൂജ്യത്തിൽ നിന്ന് കാര്യങ്ങൾ മാറിപ്പോയാണ് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഒരുപാട് മാറ്റം വന്ന ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപശബ്ദം പ്രയുഞ്ചീത ഭാഷികാരൻ തതഞ്ചലി പറഞ്ഞിരിക്കുകയാണ് സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം അപശബ്ദങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല ശിഷ്ടന്മാരങ്ങനെ പ്രയോഗിക്കാറില്ല മലയാളത്തിൽ അങ്ങനെയല്ല ഒരുപാട് അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് കാരണം മലയാളം എന്ന് പറയുന്ന ശുദ്ധ സംസ്കൃതമേ അല്ല അപ്പം മലയാളത്തിൽ ഹരിശ്രീ ഗണപതി എന്ന് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് സംസ്കൃതമായിരിക്കണം അതുകൊണ്ട് സംസ്കൃതത്തിലെ നിയമങ്ങൾ അവിടെ വേണം എന്നുള്ള ധാരണയിൽ വഴക്കടിക്കുന്നതിന് യാതൊരു കാര്യവുമില്ല ആദ്യം നമ്മളിതിനെ മലയാളമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണേ മലയാളത്തിൽ സംസ്കൃത നിയമങ്ങൾ ഭാഷയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നില്ല സംസ്കൃതത്തിൽ പോലും എന്താണ് സംസ്കൃതത്തിന്റെ നിയമമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് പറയും പാണിനീയമാണ് പാണിനീയം മാത്രമല്ല സംസ്കൃത നിയമം ഐന്ദ്രം ചാന്ദ്രം കാസകർഷ്ണം ഒത്തിരി വ്യാകരണ ശാസ്ത്രങ്ങളെ പറയുന്നുണ്ട് ഒത്തിരി വ്യാകരണങ്ങൾ സംസ്കൃത അതാണ് നാരായണീയം എഴുതിയ ആള് അപാണിനീയ പ്രയോഗങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് വ്യാകരണശാസ്ത്രം എഴുതി പാണിനീയമല്ലാത്ത പ്രയോഗങ്ങളും സംസ്കൃതത്തിൽ സാധുവാണ് പാണിനീയം മാത്രമല്ല സംസ്കൃതത്തിന്റെ നിയമം പിന്നെ മലയാളത്തിൽ പാണിനീയം കർശനമായി പാലിക്കണം അല്ലെങ്കിൽ ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ് ഇനി അന്നുമ്പം പറഞ്ഞിട്ടുണ്ട് ഇതേ ഭാസിൽ തന്നെ കുറെ മുറിവിദ്വാൻമാർ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ അല്പസ്വല്പം സംസ്കൃതം പഠിച്ചിട്ട് ഇതിന്റെയൊക്കെ അവസാന വാക്ക് പറയാനിരിക്കുന്നവരായിട്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സംസ്കൃതം അറിയത്തില്ല മലയാളം അറിയത്തില്ല അതാണ് കുഴപ്പം അന്ന് ഹരി എന്നുള്ളതിന് വിസർഗമിട്ടാലും ദോഷമൊന്നുമില്ല വിസർഗമിട്ടില്ലെങ്കിലും ദോഷമില്ലതാണ് എന്റെ അഭിപ്രായം ശരി എന്നുള്ളടത്ത് വിസർഗം ഇട്ടാലും കൊള്ളാം വിസർഗം വിട്ടില്ലെങ്കിലും കൊള്ളാം പിന്നെ ഇത് ഏതാ ശരിയെന്ന് ചോദിക്കും ഇതൊക്കെ ഓരോ സമ്പ്രദായങ്ങളാണ് കലാകാലങ്ങളായി ഓരോരുത്തരെഴുതി അത് തുറന്നു വരുന്നു അതെങ്ങനെയാണോ നമ്മൾ അത് ശീലിച്ചു വന്നിരിക്കുന്നത് നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്നത് അത് ശരി അതിൽ കവിഞ്ഞ് ഇതിനകത്ത് ശരിയും തെറ്റുമൊന്നുമില്ല എന്താണോ നമ്മളെ പഠിപ്പിച്ചു തന്നത് പരമ്പരയായി നമ്മളെ പഠിപ്പിച്ചു തന്നത് പഴയ എഴുത്താസന്മാരും നിലത്തെഴുത്തുമ്പോൾ പണ്ട് എഴുതിക്കുന്നാണത് ഹരിശ്രീ നമ്മൾ അതെങ്ങനെയാണോ ഓരോരുത്തരെയും പഠിപ്പിച്ചു വന്നു ഓരോ സ്ഥലങ്ങളിലും അത് കാലഭേദമനുസരിച്ചും ദേശഭേദമനുസരിച്ചുമൊക്കെ അതിന് വ്യത്യാസം വരാം അത് സംസ്കൃതമാകാം മലയാളമാകാം സംസ്കൃതവും മലയാളവും കൂടെ കലർന്നതാകാം അതുകൊണ്ട് ഓരോ സമ്പ്രദായങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ ശീലിച്ചു വന്നത് അതാണ് ശരി അല്ലാതെ ഇതിൽ സംസ്കൃതത്തിന്റെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് വിസർഗമുള്ളത് ശരിയാണ് വിസർഗമില്ലെങ്കിൽ തെറ്റാ തെറ്റാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ് അബദ്ധമാണ് വിവരക്കേടാണ് അതുകൊണ്ട് ഈ ശരിയുടെയും തെറ്റിന്റെയും രണ്ടിന്റെ പക്ഷത്തും ഞാനില്ല നിങ്ങൾ എന്താണോ എഴുതി പഠിച്ചത് അത് ശരിയാണെന്നാണ് എന്റെ ഭക്ഷണം പിന്നെ ഹരി ശബ്ദത്തിന് വിസർഗം വേണമെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിലാണെന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഹരിഹി ഹരി ഹരേ ഹരിഹി വിസർഗം വേണം ഒറ്റക്ക് എഴുതുകയാണെങ്കിൽ മലയാളത്തിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അവിടെ വിസർഗം വേണ്ടി ശ്രീഗണപതി നമുന്ന് എഴുന്നിടത്ത് എങ്ങനെയാണോ നമ്മുടെ പാരമ്പര്യങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുന്ന ദേശമനുസരിച്ച് അതനുസരിച്ച് അത് ശരി ഇതിൽ കർശനമായ സംസ്കൃത നിയമങ്ങളും കൊണ്ടുവരേണ്ട കാര്യമാണ് ഇനി കർശനമായ സംസ്കൃത നിയമം പറയുകയാണെങ്കിൽ എങ്ങനെ വേണോ ഇത് എഴുതിക്കൊണ്ടുവരിക അതിനുള്ള നിയമം പറഞ്ഞുതരാം നിങ്ങൾ എങ്ങനെ വിസർഗമിട്ട് എഴുതിയാലും വിസർഗമിടാതെഴുതിയാലും ഹരിശ്രീ ഗണപതി എന്ന് ചേർത്ത് എഴുതിയാലും അതിനെല്ലാം ഉള്ള വ്യാകരണ സൂത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം എഴുതിക്കൊണ്ടുവരിക പറഞ്ഞാൽ മനസ്സിലാക്കണം എല്ലാത്തിനെയും സാധൂരിക്ക പാണിനീയത്തിൽ തന്നെ നിയമങ്ങളുണ്ട് എങ്ങനെ എഴുതിയാലും ഹരിശ്രീ ഗണപതി എന്നോ അല്ലെങ്കിൽ ഹരിഹി ശ്രീഹി ഗണപതി ഒന്നോ അല്ലെങ്കിൽ ഹരി ശ്രീഗണപതി എന്നോ എങ്ങനെ എഴുതിയാലും ചർദ്ദിരിക്കണം അങ്ങനുള്ള നിയമങ്ങളെല്ലാം പാടിനെഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിവാദം അസംബന്ധമാണ് പിന്നെ ഗണപതിയെ എന്നതാണോ ഏ എന്നതാണോ മലയാളത്തിന് മുമ്പ് വേണ്ടത് സംസ്കൃത ഗണപതി ശരി ചതുർഥി ഹര ഏഷ്ണവേ മലയാളത്തിൽ പഴയകാലത്ത് ദീർഘത്തെ ഹ്രസ്വമായി എഴുതിയിരുന്നു വേഷം എന്നുള്ളതിന് പഴയകാലത്ത് എഴുതിയിരുന്നു വേഷം എന്നാണ് എന്നിട്ട് വായിക്കുന്ന വേഷമാണ് പഴയ ലിപി അങ്ങനെ പക്ഷെ ഇപ്പോൾ ഗണപതിയെ എന്നുള്ളത് സംസ്കൃതമായിട്ട് എഴുതുമ്പോൾ ദീർഘം തന്നെ എഴുതണം ഇത് പഴയകാലത്ത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗണപതി എന്ന് ഹ്രസ്വമായിരിക്കും പക്ഷെ വായിക്കുമ്പോൾ ദീർഘത്തിലായിരിക്കും അപ്പൊ കഴിഞ്ഞു വ്യാകരണം കഴിഞ്ഞു ഇനി അടുത്ത് വരുന്നത് വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ് പല യോഗികളും അനായാസം ശരീരത്യാഗം ചെയ്ത് കാണുമ്പോൾ ജ്ഞാനികളായി അറിയപ്പെടുന്ന പല മഹാത്മാക്കളും ശരീരം രോഗഗ്രസ്തമായിട്ടാണ് അന്ത്യകാലത്ത് കാണുന്നത് എന്നാണ് ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജ്ഞാനിയുടെ ശരീരത്തിന് പ്രാരബ്ദ കർമ്മഫലം അനുഭവിക്കേണ്ടതുണ്ടോ അനുഭവിക്കുന്നവന് ഉപാധിയോട് ബന്ധമുണ്ടെങ്കിലല്ലേ കർമ്മഫല അനുഭവം ഉണ്ടാകൂ ഈ ചോദ്യത്തിന് ഈ മഹാത്മാക്കളെല്ലാം തന്നെ സമാധാനം പറഞ്ഞിട്ടുള്ളവരാണ് ഇവരെല്ലാവരും യോഗികൾ അനായാസമായി ശരീരത്യാഗം ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നവരും പലരും അങ്ങനെയാണ് വളരെ അനായാസമായി ശരീരം തിരിച്ചു കളയും അങ്ങനെയുള്ള പല പുതിയ ടെക്നിക്കുകളുണ്ടെന്നാണ് കേൾക്കുന്നത് ഞാൻ പ്രയോഗിച്ചു നോക്കിയിട്ടില്ല യോഗികൾക്കും അനായാസമായി ശരീരത്യാഗം ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട് അനായാസം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം യോഗത്തില് വളരെ ശ്രമകരമായ അഭ്യാസങ്ങൾ വളരെ കാലം അഭ്യസിച്ച് സ്വായത്തമാക്കിയാൽ അത് പ്രയോഗിക്കുക അത് അനായാസം എന്നിങ്ങനെ പറയാൻ പറ്റും നമ്മൾ വളരെ അധ്വാനിച്ച ഒരു കാര്യം നേടിയെടുത്തിട്ട് പിന്നെ അത് അനായാസം എന്ന് പറയാൻ പറ്റും ശരീരത്യാഗം ചെയ്യുന്നതിനുള്ള നമ്മൾ മുമ്പ് ഏതോ ഒരു തരത്തിൽ ചർച്ച ചെയ്ത യോഗാഭ്യാസ വളരെ പ്രയാസം പിടിച്ച കാര്യങ്ങളാണ് വളരെ പ്രയാസപ്പെട്ട് ശരീരത്യാഗം ചെയ്യുന്നു വാസ്തവത്തിൽ രോഗി ശീലിക്കുന്നത് അഭ്യാസങ്ങളൊന്നും ഈ ശരീരത്യാഗം ചെയ്യാൻ വേണ്ടിട്ടല്ല അങ്ങനെയും ധരിക്കുന്നു അങ്ങനെ ശരീരത്യാഗം ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ ഏറ്റവും എളുപ്പം വരുമ്പോഴും കയറും മതി അതിന് യോഗത്തിന്റെ ആവശ്യം അപ്പൊ ശരീരത്യാഗം ചെയ്യാൻ വേണ്ടി യോഗ അഭ്യസിക്കുന്നതല്ല ഒരിക്കലും യോഗയുടെ അഭ്യാസം എന്തിനാണോ യോഗശാസ്ത്ര പറഞ്ഞിരിക്കുന്ന ജീവന്റെ ഊർധ്വഗഗതിക്ക് വേണ്ടിയിട്ടാണ് അപ്പോ സാധാരണ ജീവന്മാരുടെ ഗതി എന്ന് പറയുന്നത് സഹജമായ ഗതികളാണ് എങ്ങനെയെങ്കിലുമൊക്കെ പോകും കർമ്മം അനുസരിച്ച് പോകും വിവേകമില്ലാത്ത വിവേകരഹിതമായ കർമ്മം കൊണ്ട് സഹജമായി ജീവൻ ഏതെങ്കിലും വഴിക്ക് സഞ്ചരിക്കും പക്ഷെ യോഗികൾ അങ്ങനെയല്ല അതിനുവേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കും യോഗശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അതെന്തിനു വേണ്ടി ആ ജീവന്റെ ഊർജ്ജഗതിക്ക് വേണ്ടി അവിടെ ആ ഊർധഗതി യോഗി സ്വേച്ഛയാ നിർവഹിക്കുന്നു സ്വ ഇച്ഛമുണ്ട് ജീവൻ ഊർധഗതി സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ഗൌണമായി സംഭവിക്കുന്നു മുഖ്യമല്ലാതെ സംഭവിക്കുന്ന ഒന്നാണ് ശരീരനാശം അതുകൊണ്ട് യോഗിയുടെ ശരീരനാശത്തിന് വേണ്ടി പ്രാധാന്യമൊന്നുമില്ല മറിച്ച് യോഗിയുടെ ഗതിക്കാണ് പ്രാധാന്യം അതുകൂടി സംഭവിച്ചേ പറ്റൂ കാരണം കൂടുതൽ ഗതി എന്ന് പറയുമ്പോൾ ശ്രുതിയെന്ന മറ്റും പറയുന്ന ബ്രഹ്മലോകം വരെയുള്ള ഗതികൾ ബ്രഹ്മലോകം വരെ യോഗിക്കെത്തിച്ചേരും അപ്പതിന് ഈ ശരീരം തടസ്സമാണ് സ്വേച്ഛയ ആ യോഗി ഈ ശരീരത്തിൽ നിന്ന് നിർഗമിക്കുമ്പോൾ ശരീരം പതിച്ചു പോകുന്ന അത്രേയുള്ളൂ അതിന് യോഗ ഒരു പ്രാധാന്യം കൊടുക്കുന്നേ യോഗയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയും അഭ്യാസവും എല്ലാം ആ ജീവന്റെ ഊർജ്ജഗതിക്കാണ് ഞാനീ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് സസ്യപ്രാണ അവന്റെ പ്രാണൻ ഉത്രില്ല ശ്രുതി പറയും പ്രാണന്റെ ഉത്രമണ സംഭവിക്കുന്നുണ്ട് ഇവിടെ തന്നെ ലയിക്കുന്നു എത്രയോത്തോളം നമ്മൾ ചർച്ച ചെയ്ത അതുകൊണ്ട് ഈ നമ്മൾ ധരിച്ചിരിക്കുന്നതുപോലെയുള്ള ശരീരത്യാഗവും മറ്റും ഇവിടെ സംഭവിക്കുന്നുണ്ട് ജീവന്റെ ഊർദ്ധഗതി സംഭവിക്കുന്നുണ്ട് ശരീരത്തിന്റെ സ്വാഭാവികമായ പരിണാമം സംഭവിക്കുന്നു അതെന്താണോ എല്ലാ ഭൗതിക വസ്തുക്കൾക്കുമുള്ള പരിണാമം അത് ജനിക്കുന്നു വളരുന്നു വൃദ്ധിയെ പ്രാപിക്കുന്നു ക്ഷയത്തെ പ്രാപിക്കുന്നു നശിക്കുന്നു അത് ശരീരത്തിന് സംഭവിക്കുന്നു അവിടെ ജീവന്റെ ഊർദ്ധഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ തത്വം ഞാൻ ചെയ്യുന്നില്ല സ്വാഭാവികമായി അത് സംഭവിക്കുന്നുണ്ട് ഇവിടെ എന്തിനും ഒരു കാര്യകാരണ ബന്ധമുണ്ടല്ലോ ഉത്പത്തിൽ നിന്ന് തുടങ്ങി നാശം വരെയുള്ള ഈ മിക്കൊരു ബന്ധമുണ്ട് ആ കാര്യകാരണ ബന്ധത്തിലാണ് നമ്മൾ കർമ്മമെന്നും ഫലമെന്നും പറയുന്നത് അതൊക്കെ ഞാൻ അതിനകത്തൊന്നുമില്ല അപ്പൊ ശരീരനാശം ഞാൻ ഈ സ്വാഭാവികമായി സംഭവിക്കുന്നു അതെങ്ങനെയുമാകാം ഒരു ഗുണമാവാം ഗ്രുഢൻ ഭൂവി മൂർച്ഛിതോവ രോഗം ശരീരത്തിനു ബാധിക്കാം ശരീരം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എവിടെയെങ്കിലും പതിക്കാം അതിനെടുത്ത് അലങ്കരിച്ച് സമാധിയിരുത്താനൊന്നും ശിഷ്യന്മാരൊന്നും കൂടെ ഉണ്ടായില്ലെന്ന് വരും ി ഏതെങ്കിലും തരത്തിൽ ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ച് അങ്ങനെ സംഭവിക്കാം ബോധം നഷ്ടപ്പെടാം മൂർച്ഛതയോടുകൂടി വളരെ തീവ്രമായ ശരീരപീടകളുണ്ട് മൂർച്ഛതിനായി അങ്ങനെ ശരീരനാശം സംഭവിക്കുക എങ്ങനെയും സംഭവിക്കാം അവിടെ എന്താണ് അതിന്റെ കാര്യകാരണങ്ങളെല്ലാം ആ ശരീരവുമായി ബന്ധപ്പെട്ടാണ് ആത്മാവുമായി ബന്ധപ്പെട്ടല്ല തത്വജ്ഞാനി എന്താണ് തന്റെ അസംഗമായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് നമുക്ക് പറയാം ഭാഷ കൊണ്ട് അത്രേ പറയാൻ പറ്റും ബാക്കി കാര്യകാരണങ്ങളെല്ലാം ഇവിടെ ആ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ യോഗ ചെയ്യുന്നത് പോലെ ഞാനീ ജീവന്റെ ഊർധ്വഗഗതിയെ ആഗ്രഹിക്കാത്ത കൊണ്ട് ഊർധഗതിക്കുള്ള ആ പ്രവൃത്തിക്കിടയിൽ ഞാൻ ഈടെ ശരീരപാത സംഭവിക്കുന്നില്ല അങ്ങനെ തമ്മിൽ വ്യത്യാസം ഒരിടത്ത് ഊർധഗതിക്കുള്ള ശ്രമത്തിൽ ശരീരപാതമെന്ന് പറയുന്നത് അവശ്യം സംഭവിക്കേണ്ടതാണ് അതുകൊണ്ടത് സംഭവിക്കുന്നത് വേറിടത്ത് അങ്ങനെയൊരു പ്രവൃത്തിയുടെ ആവശ്യമേയില്ല എന്നാണ് കൃതകൃത്യനാണ് ചെയ്യാൻ ഇനി മറ്റൊന്നും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് ഒന്നിനുവേണ്ടി ഒന്നും അനുഷ്ഠിക്കുന്നില്ല എല്ലാ സഹജമായ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് തത്വം ഞാൻ ഈ സംഭവിക്കുന്നു രണ്ടെന്നുമുള്ള വ്യത്യാസം ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പിന്നെല്ലാത്തിനുമുള്ള ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പഴയ ചർച്ചകളിൽ വന്നുകഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടു കൊണ്ട് ചോദ്യം ഇതാണ് സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതെന്താണോ ഞാനത്തെ ആശ്രയിച്ച് വിഷയങ്ങൾ നിൽക്കുന്നു എന്ന് പറയുകയും വിഷയത്തെ ആശ്രയിച്ച് ഞാനും നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് രണ്ടു കള പറഞ്ഞു ഞങ്ങൾ കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കാതേ ഉള്ളൂ വിഷയത്തെ ആശ്രയിച്ച് ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നതിന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു വിഷയാനുഭവത്തിൽ നമുക്ക് ആ വിഷയത്തെയും ആ അനുഭവത്തെയും വേറിതിരിക്കാൻ കഴിയുന്നില്ല അതാണ് ഇപ്പം ഞാൻ പറഞ്ഞതാണ് മനസ്സിലാകാത്തോണ്ട് വീണ്ടും പറയണം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള അനുഭവത്തിന് നമുക്കതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല വിഷയത്തെയും അനുഭവത്തെയും അത് വേർതിരിക്കാമെന്നൊരു അസാധ്യമായതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് മാറിപ്പോകാതെ നമുക്ക് സാധ്യമാവും വിഷയാനുഭവത്തിൽ നിന്ന് സ്വയം മാറിപ്പോകുക വിഷയാനുഭവത്തിൽ നിന്ന് മാറിപ്പോയാൽ മറ്റൊരു വിഷയാനുഭവത്തിലേക്ക് വരും പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനും അത് അവൻ പേനയുടെ അനുഭവത്തിലേക്ക് വരും അതേ സാധ്യമാകും അല്ലെങ്കിൽ ഈ എല്ലാ അനുഭവങ്ങളെയും വിട്ടിട്ട് സുഷൃക്തിയിലേക്കോ സമാധിയിലേക്കോ മൂർച്ഛയിലേക്ക് പോകണം അല്ലാത്ത പക്ഷം ഈ വിഷയങ്ങളും അനുഭവങ്ങളും പരസ്പരം വേറെ പിരിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ മാറുന്ന തലമായതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം മാറുന്നത് എവിടേക്കെന്നാണ് പറഞ്ഞാൽ ഈ ജാഗ്രതും ഈ സ്വപ്നവും എല്ലാം എവിടേക്ക് മാറി സുശൃത്തിയിലേക്കാണ് മാറിയത് സുഷൃക്തിയിലാണ് ഈ വിഷയങ്ങളും ഈ ജ്ഞാനങ്ങളും അറിവുകളും എല്ലാം മറഞ്ഞുപോയത് അവിടെ അദ്വൈതമില്ല ഏകം അദ്വൈതം നേരത്തെ പറഞ്ഞു അതുതന്നെയാണ് പ്രജ്ഞം നപ്രജ്ഞം അചിന്തി അദൃശ്യം അവ്യഹാര്യം പ്രപഞ്ചോപശമം എന്ന് പറയുന്നത് ആ പ്രപഞ്ചോപശമം അതിനെ കുറിച്ചാണ് കൂടിയും പറയുന്നത് അതിനെ തന്നെ വീണ്ടും പറയും എന്താണോ ചതുർത്ഥം പ്രപഞ്ചോപശമത്തിലാണ് ആ പ്രകടമാകും തുരിയം ആ തുര്യത്തിലേക്കാണ് ഇതെല്ലാം മാറിപ്പോകുന്നത് അദ്ദേഹമാണ് മറ്റൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല ബാക്കിയുള്ള പ്രതീതികളെല്ലാം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെയും നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല എന്നും വിവേകിനത് വിവേകിയുടെ അഭിപ്രായമാണ് അദ്വൈതവും വിവേകിയുടെ അഭിപ്രായമാണ് അല്ലെങ്കിൽ വിവേകിയുടെ അദ്വൈതം അതാണ് ഇവിടെ പറയുന്നത് വിവേകമില്ലാത്തവനും അദ്വൈതം പറയാം അതല്ല ഇവിടെ പറയുന്നത് അത് ഉദാഹരണത്തിലൂടെ എന്നാണ് പറയുന്നത് ഇവിടെ ചോദിക്കുമെന്താണോ ഒരാൾ പറയുന്നു ഇവിടെ ഞാൻ ചിത്തായിരിക്കുന്നു ബാക്കി സർവ്വതും ചെദൃശ്യങ്ങളായിരിക്കുന്നു അത് ആർക്കും പറയാമെന്നുള്ള കാര്യമില്ല ഞാൻ സ്വയം ചിത്തായിരിക്കുകയും എന്റെ മുമ്പിലുള്ള സർവദൃശ്യം ആണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാത്തിനെയും പരമാർത്ഥമല്ലെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ എന്റെ മുന്നിലിരിക്കുന്നവനും പറയുന്നു ഞാൻ ചിത്താണ് എന്റെ മുമ്പിൽ കാണുന്നതെല്ലാം ണോ ഫലത്തിനെന്ത് സംഭവിക്കുന്നു രണ്ടുപേരും അസത്യമായി പോയിടത്തും ഒരേ വ്യക്തിയല്ലേ ഞാൻ പറയുന്നു ഞാൻ ചിത്താണ് എന്റെ മുമ്പിലുള്ളത് എന്നു വെച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്നത് നീ അസത്യമാണ് നീ പറയുന്നു എന്താണ് ഞാൻ ചിത്താണോ എന്റെ മുമ്പിലിരിക്കുന്നത് നീ അസത്താണ് എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് നീ അസത്തായി നിന്നെ സംബന്ധിച്ച് ഞാൻ അസത്തായി പിന്നെ എവിടെയാസത്യം എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം നിഷേധിക്കാനല്ലേ ഉപകരിക്കത്തുള്ളു ഒന്നിനെ സ്വീകരിക്കും മറ്റൊന്നിനെ തള്ളി കളയാൻ പറ്റും ഞാൻ പറയുന്നത് ശരി നീ പറഞ്ഞ തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് കാരണം രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണോ ഞാൻ തെത്ത് സത്യം നീ ദൃശ്യം അതുകൊണ്ട് അസത്യമാണ് എന്ന് പറയുന്നു എന്ന് പറയുമ്പോ എന്തായി ഞാൻ പറഞ്ഞ സത്യമായി നീ അസത്യമായി ഇതേ കാര്യമാണ് നീ പറയുന്ന എന്താണ് നീ പറയുന്നു ഞാൻ സത്യം എന്നോട് പറയുന്നു നീ അസത്യമാണ് കാരണം നീ ദൃശ്യമാണ് രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണെങ്കിൽ ഒന്നുകിൽ രണ്ടു സത്യമായിരിക്കും അല്ലെങ്കിൽ രണ്ടു അസത്യമായി അപ്പൊ നമ്മളെന്താണ് പറയുന്നത് ഞാൻ സത്യം നീ അസത്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ രണ്ടും അസത്യമായി അപ്പൊ എവിടെയാദ്വൈതം പറയുന്നു നോക്കുക സ്വപ്നത്തിൽ സ്വപ്നത്തിൽ ചിന്തിച്ച് അവിടെ എന്താണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഭസ്തി അവിടെ ആ ഹസ്തിക്ക് ഉണ്ടായിരുന്നു ചിത്രം ഞാൻ ഹസ്തിയോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സത്യം എന്റെ ദൃശ്യമായ നീ അസത്യം ഹസ്തിരിച്ച് എന്നോട് പറഞ്ഞോ എന്താണ് ഞാൻ ചിത് സത്യം എന്റെ ദൃശ്യമായിരിക്കുന്ന നീ അസത്യം ശരി അവിടെ പിന്നെ ഏതാ ശേഷിച്ചത് അവിടെ ശേഷിച്ചത് ഞാനും നീയുമല്ല വിലയോ കേവലം ആ ചിത്ത് അത് ശേഷിച്ചു ആ ചിത്താണ് അവിടെ ശേഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഞാനും പോയി അവിടെയുണ്ടായിരുന്നത് നീയും പോയി ഇങ്ങനെ നിഷേധിക്കുന്നതിലൂടെ വാസ്തവത്തെ നിഷേധിക്കുന്നത് എന്തിനെയാണ് എന്നെയും നിന്നെയുമാണ് ചിത്തിനെയെല്ലാം നിഷേധിക്കുന്നത് ചിത്ത് നിഷേധിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോ ഇവിടെ ഇരുന്ന് വീണ്ടും ഇതേ കാര്യം പറയുന്നു സ്വപ്നത്തിൽ അതിനെ നിഷേധിക്കാൻ പറ്റിയില്ല ജാഗ്രത നിഷേധിക്കാൻ കഴിയില്ല അതാണ് ഇവിടെ പറയുന്നത് നൈ സ്വപ്നെ ഹസ്തി ഹസ്തി ചിത്തം വീ സ്വപ്നത്തിൽ ചിത്തങ്ങൾ ഇല്ല അതെല്ലാം എന്താണ് ഒരേ ഒരു ചിത്തിന്റെ കൽപ്പനകളായിരുന്നു ഹസ്തിയെ കൽപ്പിച്ച് അനുജിത്തത്തെ കൽപ്പിച്ച് അതിന്റെ വിചാരങ്ങളെല്ലാം കൽപ്പിച്ചത് അത് ജാഗ്രത ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ട് കാരണം സ്വപ്നത്തിൽ ഹസ്തിയെയും ഹസ്തിജിത്തെയും എല്ലാം കണ്ടവനാണ് ജാഗ്രതത്തിലിരിക്കുന്നത് ഹസ്തിയും ഹസ്തിജിത്വമൊന്നുമില്ലാതെ നിരപേക്ഷനായിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പിച്ച് ഇവിടെ പറയാൻ കഴിയുന്നുണ്ട് വിവേകനാ അതാണ് വിവേകം അതുള്ളവനാണ് വിവേകി അപ്പൊ ഇവിടെ ഈ ജാഗ്രതത്തിനും ആ വിവേകത്തോടു കൂടിയിരിക്കുന്നവൻ സ്വപ്നത്തിലെ ഹസ്യയും ഹസ്തിചിത്തവും പരമാർത്ഥമല്ല എന്ന് ബോധിച്ചവൻ അവൻ ഇവിടെയും ബോധിക്കുന്നു എന്താണ് ഈ കാണുന്ന നീയും നിന്റെ ചിത്തവും സർവവും ചിത്തിന്റെ ദൃശ്യങ്ങളാണ് അതിനാണ് നമ്മൾ വേറൊരു രീതി പറയുന്നത് എന്താണോ ഇത് പുസ്തകമാണ് ഇത് പേനയാണ് എന്ന് പറയുന്നത് ഇതെല്ലാം ചിത്രത്തിലെ കേവലം പ്രതീതിയാണ് പ്രതീതിക്കപ്പുറം ഇതിനൊരു നിലനിൽപ്പില്ല ഇത് വിവേകികളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് തുടർന്ന് അടുത്ത രണ്ട് പാദങ്ങൾ വ്യാഖ്യാനിക്കുന്നു ൂനയദൃശ്യേത്തെ നോച്യത്തെ ലക്ഷണശൂന്യുഭയം തന്മാന ഗൃഹ്യത്തെ